ഞാൻ സാക്ബർ ഒരു ചെറിയ എഴുത്ത് എഴുതിയിട്ടുണ്ട് അത് ഞാൻ വായിക്കട്ടെ അത് ഇംഗ്ലീഷിലാണ് ഞാനത് നേരിട്ട് മലയാളത്തിലേക്ക് തർജ്ജമ ചെയ്ത് വായിക്കാം പ്രിയപ്പെട്ട സഹോദരന്മാരെ സഹോദരിമാരെ നിങ്ങളിൽ പലരും ഈ മഴയിലും വെള്ളപ്പൊക്കത്തിലും വളരെയധികം ബുദ്ധിമുട്ട് അനുഭവിച്ചിട്ടുണ്ട് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു എന്നാൽ ഇങ്ങനെയുള്ള ഒരു ബുദ്ധിമുട്ടുള്ള സാഹചര്യത്തിലും നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു പറഞ്ഞ വാക്കുകൾ നാം അതിൽ മുറുകെ പിടിക്കുകയാണ് വേണ്ടത് അവിടുന്ന് പറഞ്ഞു നമ്മുടെ തലയിലെ മുടികളെല്ലാം അവിടുന്ന് എണ്ണിയിട്ടുണ്ട് അതുമാത്രമല്ല നാം ഈ ലോകത്തുള്ള എല്ലാ കുരുവികളെക്കാട്ടിലും പറവകളെക്കാട്ടിലും നാം ദൈവത്തിൻ്റെ മുമ്പാകെ വിലയുള്ളവരാണ് എന്നും നമ്മുടെ കർത്താവ് പറഞ്ഞിട്ടുണ്ട് നിങ്ങളെയെല്ലാം കർത്താവ് വിശ്വാസത്തിലും സൂക്ഷിക്കട്ടെ ഞാൻ നിങ്ങളെ ആ രീതിയിൽ ഉത്സാഹിപ്പിക്കുന്നു അതുപോലെ ഇത്തരത്തിലുള്ള പ്രയാസങ്ങളും അനുഭവങ്ങളുമെല്ലാം അത് നമ്മെ കർത്താവിങ്കിലേക്ക് കൂടുതൽ അടുപ്പിക്കുവാൻ അന്യോന്യം നമ്മെ കൂടുതൽ അടുപ്പിക്കുവാൻ അത് ഇടയാകട്ടെ നാം സി എഫ് സി സഭകളെല്ലാം നാം ഒരു കുടുംബമാണ് ഞങ്ങളും നാം നമുക്ക് ഒന്നിച്ച് വി വോണ്ട് സ്റ്റാൻഡ് വിത്ത് യു ഇവിടെ വി വോണ്ട് സ്റ്റാൻഡ് വിത്ത് യു നോട്ട് ഓൺലി ഇൻ പ്രേയർ ബട്ട് ഓൾസോ ഇൻ വാട്ട് എവർ അതർ വേ വി ക്യാൻ പോസിബിളി ഹെൽപ്പ് പ്രാർത്ഥനയിൽ നിങ്ങളോട് ഞങ്ങൾ ചേർന്ന് നിൽക്കുന്നു അതുമാത്രമല്ല മറ്റെന്തെങ്കിലും പ്രായോഗികമായ വിധങ്ങളിലും നിങ്ങളെ സഹായിക്കുവാൻ ഞങ്ങൾ തയ്യാറാണ് ഞങ്ങൾ കേരളത്തിലെ സഭകൾക്ക് അവിടെ ആവശ്യമുള്ള കുടുംബങ്ങൾക്ക് അതുപോലെ മീറ്റിംഗ് ഹാളുകൾ വീടുകളൊക്കെ അത് തിരികെ പുനഃസ്ഥാപിക്കുന്നതിന് നിങ്ങളെ സാമ്പത്തികമായിട്ടും സഹായിക്കുവാനും ഞങ്ങൾ തയ്യാറാണ് ക്രിസ്തീയ സ്നേഹത്തോടെ നിങ്ങളുടെ ക്രിസ്തുവിൽ നിങ്ങളുടെ സഹോദരൻ സാക്പുനൻ നമുക്ക് ഈ കേട്ട ദൈവവചനങ്ങളുടെ മുമ്പിൽ ബ്രദറ് നമ്മെ ഉത്സാഹി അതുപോലെ സാക് ബ്രദർ നമ്മെ ഉത്സാഹിപ്പിച്ചതുപോലെ ദൈവമുഖം അന്വേഷിക്കാനും നമ്മെ തന്നെ താഴ്ത്താനും ദൈവത്തെങ്കിലേക്ക് കൂടുതൽ അടുക്കുവാനും അത് ഒരു വിശ്വാസത്തിൻ്റെ ആത്മാവോടെ ഒരു നിരാശയിലല്ല വിശ്വാസത്തിൻ്റെ ആത്മാവോടെ നമുക്ക് ആ രീതിയിൽ ദൈവത്തിൻ്റെ അടുക്കിലേക്ക് ചെല്ലാം ഇന്ന് പല ഗവൺമെൻറ് ഏജൻസികളും ഗവൺമെൻറ്റിലുള്ള പല ആളുകളും ജില്ലാ കളക്ടർമാർ പോലും അവർ പല കാര്യങ്ങളും അറിയിക്കുന്നത് സോഷ്യൽ മീഡിയ വഴിയാണ് ഫേസ്ബുക്കിലുമൊക്കെയാണ് അവർ പല കാര്യങ്ങൾ പബ്ലിഷ് ചെയ്യുന്നത് പിള്ളേർ ഇന്ന് സ്കൂളിൻ്റെ അവധിയാണോ ഇല്ലയോ എന്ന് ഫേസ്ബുക്ക് കലക്ടറിൻ്റെ ഫേസ്ബുക്ക് പേജ് എടുത്ത് നോക്കുന്നു എന്നൊക്കെ പലരും പറയാറുണ്ട് അപ്പോൾ നമ്മുടെ ഈ ഇടുക്കി അണക്കെട്ട് ഈ സംഭവങ്ങളൊക്കെ ഉണ്ടാകുന്നതിന് മുമ്പ് ഇടുക്കി അണക്കെട്ട് തുറക്കുന്നു തുറക്കേണ്ടി വരും എന്നൊക്കെ പലതരത്തിലുള്ള വാർത്തകൾ ഇങ്ങനെ പ്രചരിച്ചുകൊണ്ടിരുന്ന സമയത്ത് അത് രണ്ടായിരത്തി ടിയാവുമ്പോൾ അത് അടിയാണോ മീ മീറ്റർ ആണോ ഐ മീൻ അടി ആവുമ്പോൾ അത് തുറക്കേണ്ടി വരും എന്നൊക്കെ പറഞ്ഞപ്പോൾ അതിന് മുമ്പ് ട്രയലായിട്ട് തുറക്കേണ്ടി വരും എന്നൊക്കെ പറഞ്ഞ് അപ്പോൾ ഇങ്ങനെ തുറന്നാൽ ഉള്ള കാര്യങ്ങളെക്കുറിച്ചൊക്കെ പറഞ്ഞ സമയത്ത് ഏതോ ഒരു ഒരു സാധാരണ ഒരു കേരളത്തിലെ ഏതോ ഒരു ചെറുപ്പക്കാരനോ അദ്ദേഹം ഇങ്ങനെ ഒരു കമൻറ്റ് ചെയ്തു അദ്ദേഹം പറഞ്ഞ് ദൈവം ഞങ്ങളെ രക്ഷിക്കട്ടെ ഗോഡ് സേവ് അസ് എന്നാണ് അദ്ദേഹം കമൻറ്റ് ചെയ്തത് ദൈവം ഞങ്ങളെ രക്ഷിക്കട്ടെ എന്ന് കമൻ്റ് ചെയ്തപ്പോൾ ഈ ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് ആൻഡ് റെസ്ക്യൂ മിഷൻ എന്ന് പറഞ്ഞ് നമ്മുടെ കേരളത്തിലെ ഈ ഡിസാസ്റ്ററൊക്കെ മാനേജ് ചെയ്യുന്ന ഇതിൻ്റെ ആൾക്കാരുണ്ട് അവർക്കും ഒരു സോഷ്യൽ മീഡിയ പേജുണ്ട് അപ്പോൾ ഉടനെ ഇദ്ദേഹം ഇത് പോസ്റ്റ് ചെയ്ത ഉടനെ തന്നെ ഈ ഡിസാസ്റ്റർ മാനേജ്മെൻറ്റിൻ്റെ അവിടെ നിന്ന് അതിൻ്റെ ഒരു സ്പോക്സ് പേഴ്സൺ അതിൻ്റെ ചുമതലയുള്ള ആൾ ഉടനെ തന്നെ അതിന് ഒരു മറുപടി പോസ്റ്റ് ചെയ്തു ആ മറുപടി ഇങ്ങനെയായിരുന്നു അദ്ദേഹം പറഞ്ഞു ദൈവം ഞങ്ങളെ രക്ഷിക്കട്ടെ എന്ന് പറഞ്ഞതിൻ്റെ മറുപടി ഇങ്ങനെയാണ് അദ്ദേഹം മറുപടി അയച്ചത് വി ട്രസ്റ്റ് ഇൻ അവർ എക്സ്പീരിയൻസ് വി ട്രസ്റ്റ് ഇൻ അവർ എബിലിറ്റി വി ട്രസ്റ്റ് ഇൻ അവർ കോഡിനേറ്റഡ് എഫേർട്ട് രണ്ടാമത് ഈ ഡിസാസ്റ്റർ മാനേജ്മെൻറ്റുകാർ അയച്ച ആ ഒരു മെസ്സേജ് അത് വൈറലായി എന്നാണ് ഞാൻ പിന്നീട് കേട്ടത് അതായത് അത് ആളുകളെല്ലാം അതങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്യാൻ തുടങ്ങി അതായത് ഞങ്ങൾ ഞങ്ങളുടെ അനുഭവത്തിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു ഞങ്ങളുടെ പരിചയത്തിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു ഞങ്ങളുടെ കൂട്ടായ പ്രയത്നത്തിലൂടെ ഞങ്ങൾ കാര്യങ്ങളെ ശരിയാക്കും എന്ന് പറഞ്ഞത് അവരാളുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്ത് അതിനെ തുടർന്ന് അതിനെ അഭിനന്ദിച്ചുകൊണ്ട് കമൻ്റ് ചെയ്യുന്നു അതിനെ അഭിനന്ദിച്ചുകൊണ്ട് അനേക കമൻറ്റുകൾ അതിനെ അഭിനന്ദിച്ച് അതെല്ലായിടത്തും ഷെയർ ചെയ്ത് അതൊരു വൈറലായി ഇന്ന് നമ്മൾ തിരിഞ്ഞു നോക്കുമ്പോൾ അന്ന് ഞാനത് വായിച്ചപ്പോൾ ആ ഒരു പോസ്റ്റ് കണ്ടപ്പോൾ അന്ന് എൻ്റെ മനസ്സിലൂടെ വന്ന ചിന്ത ഇതാണ് കർത്താവ് ഇത് നബക്കത് നൈസർ പറയുന്നത് പോലെയുള്ള ഒരു ഒരു സ്റ്റേറ്റ്മെൻറ്റാണല്ലോ ദാനിയിൽ നാലാം അധ്യായത്തിലല്ലേ നമുക്ക് നേസറിൻ്റെ ആ ഒരു സ്റ്റേറ്റ്മെൻ്റ് ഉണ്ട് അവിടെ ഇങ്ങനെ നാലാം അധ്യായത്തിൽ മുപ്പതാം വാക്യം ഇരുപത്തൊമ്പത് മുതൽ വായിക്കട്ടെ പന്ത്രണ്ട് മാസം കഴിഞ്ഞിട്ട് അവൻ ബാബേലിലെ രാജമന്ദിരത്തിന്മേൽ ഉലാത്തിക്കൊണ്ടിരുന്നു ഇത് ഞാൻ എൻ്റെ ധനമഹാത്മ്യത്താൽ എൻ്റെ പ്രതാപ മഹത്വത്തിനായിട്ട് രാജ് രാജധാനിയായി പണിത മഹതിയാം ബാബലോൺ അല്ലയോ എന്ന് രാജാവ് പറഞ്ഞ് തുടങ്ങി ഈ വാക്ക് രാജാവിൻ്റെ വായിലിരിക്കുമ്പോൾ തന്നെ സ്വർഗത്തിൽ നിന്നൊരു ശബ്ദമുണ്ടായതെന്നാൽ നെബ് രാജാവേ നിന്നോടീത് കൽപ്പിക്കുന്നു രാജ്യത്വം നിന്നെ വിട്ട് നീങ്ങിയിരിക്കുന്നു നിന്നെ മനുഷ്യൻ്റെ ഇടിയിൽ നിന്ന് നീക്കിക്കളയും നിൻ്റെ പാർപ്പ് കാട്ടിലെ മൃഗങ്ങളോടുകൂടെ ആയിരിക്കും നിന്നെ കാളയെപ്പോലെ പുല്ല് തീറ്റും ഇത് ഒരുപക്ഷെ ഒരു നിരീശ്വരവാദിയായ ഒരു വ്യക്തിയായിരിക്കാം അങ്ങനെ അദ്ദേഹം പോസ്റ്റ് ചെയ്തത് ഒരുപക്ഷെ ഗവൺമെൻറ്റിൻ്റെയും ഗവൺമെൻറ്റിൻ്റെ സന്നാഹങ്ങളിലുമൊക്കെ വളരെയധികം വിശ്വാസവും ആശ്രയമുള്ള ഒരു വ്യക്തിയായിരിക്കാം അങ്ങനെയാണ് പോസ്റ്റ് ചെയ്തത് എന്നാൽ അത് നമ്മുടെ സമൂഹത്തിൻ്റെ നമ്മുടെ കേരളത്തിലുള്ള നമ്മുടെ സമൂഹത്തിൻ്റെ തന്നെ ഒരു ആറ്റിറ്റ്യൂഡിൻ്റെ ഒരു റിഫ്ലക്ഷനും കൂടിയായിരുന്നു ഒരു പ്രകടനം കൂടിയായിരുന്നു അപ്പോൾ ഇന്ന് നമ്മൾ തിരിഞ്ഞു നോക്കുമ്പോൾ അന്ന് അവർ പറഞ്ഞ ഈ എല്ലാ മേഖലയിലും നാം തീർത്തും പരാജയമാണ് എന്ന് സമ്മതിക്കേണ്ട ഒരു സാഹചര്യത്തിലേക്കാണ് വന്നിരിക്കുന്നത് എൻ്റെ പരിചയത്തിൽ ഞാൻ ആശ്രയിക്കുന്നു എന്ന് പറയുമ്പോൾ ഇത് നൂറു വർഷം ജീവിച്ച ആരും ഇവിടെ ഇല്ല നൂറ് വർഷത്തിന് ഒരു ഒരു സെഞ്ചുറിക്ക് മുമ്പാണ് ഇതിനെക്കാട്ടിലും വലിയ വെള്ളപ്പൊക്കം ഉണ്ടായത് അപ്പോൾ ഈ ഇത്രയും തരത്തിലുള്ള വെള്ളപ്പൊക്കം ഹാൻഡിൽ ചെയ്യാനുള്ള പരിചയമുള്ള ആരും തന്നെ കൂട്ടത്തിലില്ല ഞങ്ങളുടെ കഴിവിൽ ആരുടെ ഒരു മനുഷ്യൻ്റെയും കഴിവിന് ഈ കാര്യങ്ങൾ ഹാൻഡിൽ ചെയ്യാൻ പറ്റില്ല ഞങ്ങളുടെ കൂട്ടായ കോർഡിനേറ്റഡ് എഫേർട്ട് എന്നാണ് പറഞ്ഞത് കൂട്ടായ പ്രവർത്തനം ഇന്ന് ഒരു കോർഡിനേഷനും ഇല്ല എന്നാണ് എല്ലാവരും പറയുന്നത് എത്ര ദുഃഖകരമായ ഒരവസ്ഥയാണ് ഇത് നമുക്ക് നമ്മുടെ ചുറ്റിനുമുള്ള ഒരു സമൂഹത്തെ ഒന്നിച്ച് നമ്മൾ പറയേണ്ട നമുക്ക് നമ്മുടെ ജീവിതത്തിലേക്ക് നമ്മൾ ഇന്ന് കേട്ട സന്ദേശത്തിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്ക് നമ്മളിലേക്ക് തന്നെ നോക്കിക്കൊണ്ട് കർത്താവേ ഞങ്ങളുടെ ചുറ്റിനും ഇങ്ങനെയുള്ള ഓരോന്ന് കാണുമ്പോൾ അത് ദൃഷ്ടാന്തമായി ദൈവത്തിന് മുമ്പാകെ എന്നെ തന്നെ താഴ്ത്തുവാൻ എന്നെ തന്നെ താഴ്ത്തുവാൻ എന്നെ സഹായിക്കണമേ ഏതെങ്കിലും തരത്തിൽ എന്തെങ്കിലും കാര്യത്തിൽ ഞാൻ ഒരു പുകഴ്ച പറയുന്നുണ്ടോ കർത്താവെ അത് എൻ്റെ കഴിവ് എൻ്റെ പരിചയം എൻ്റെ കൂട്ടായ കാര്യം കൊണ്ട് ഞാൻ നേടിക്കൊള്ളും എന്നുള്ളൊരു മനോഭാവം എനിക്കുണ്ടോ കർത്താവെ അത് വളരെ അപകടകരമായ ഒരു മനോഭാവമാണ് നിൻ്റെ മുമ്പാകെ എന്നെ തന്നെ താഴ്ത്തുവാൻ എന്നെ സഹായിക്കണമേ എന്ന് നമുക്ക് ഓരോരുത്തർക്കും കുഞ്ഞുങ്ങളാകട്ടെ ചെറുപ്പക്കാരാകട്ടെ നമ്മൾ ചെയ്യുന്ന എന്തെങ്കിലും ഒരു കൊച്ചു കാര്യമാകട്ടെ അറിയാതെയാണ് നമുക്ക് പെട്ടെന്ന് പുകഴ്ച വരുന്നത് നമ്മൾ ഞാൻ എന്നെക്കൊണ്ട് ഞാൻ കർത്താവ് യേശു കർത്താവ് പറഞ്ഞല്ലോ ഒരുത്തം പറഞ്ഞു ഞാൻ ഇത് വരും വരുമ്പോൾ ഞാൻ എൻ്റെ കളപ്പുര വലുതാക്കും അത് കൂട്ടിവയ്ക്കും അപ്പോൾ കർത്താവ് പറഞ്ഞു മൂഢ കർത്താവിൻ്റെ ആ വെളി പലപ്പോഴും നമുക്ക് നമ്മുടെ ഹൃദയങ്ങളിലേക്ക് കേൾക്കേണ്ടതുണ്ട് മൂഢ ഞാൻ ഒരു മൂഢനെ പോലെയാണ് കർത്താവെ ഞാൻ ചിന്തിക്കുന്നത് പല കാര്യങ്ങളും ഞാൻ ഒരു മൂഢനെപ്പോലെ ഞാനൊരു നികളിയായിട്ട് പല കാര്യങ്ങൾ ചിന്തിക്കുന്നു പ്ലാൻ ചെയ്യുന്നു ജീവിതം എത്ര നിസ്സാരമാണ് ഇന്ന് ഈ ദുരിതാശ്വാസ ക്യാമ്പുകളിലൊക്കെ അവിടെയുള്ള അവസ്ഥകളെക്കുറിച്ച് അവിടെ കാണുമ്പോൾ വളരെ ധനികരായ ആളുകൾ പാവപ്പെട്ട ആളുകൾ എല്ലാവരും ഒന്നിച്ച് ഞങ്ങളുടെ ഞങ്ങളുടെ കോളേജിൻ്റെ ഞങ്ങളുടെ ഞങ്ങളുടെ കോളേജ് അവിടേക്കൊക്കെ വളരെ വളരെ നല്ല രീതിയിൽ ഉണ്ടാക്കിയതാണ് അങ്ങോട്ട് അങ്ങോട്ടേക്കുള്ള വഴിയിലിപ്പോൾ ഒരു ആൾപ്പൊക്കത്തിന് അടുത്ത് വെള്ളമാണ് അങ്ങോട്ടേക്ക് ചെല്ലാൻ പറ്റില്ല എന്നാണ് ഞാൻ കേൾക്കുന്നത് അവിടെ ഞങ്ങളുടെ കോളേജിൻ്റെ ഒരു വൈ വൈസ് പ്രിൻസിപ്പൽ അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ആദ്യത്തെ ആറാട്ടുപുഴയാണ് അദ്ദേഹം താമസിക്കുന്നത് ആദ്യത്തെ നിലയിൽ വെള്ളം കയറി അത് മുകളിലോട്ട് പോയി മുകളിലത്തെ നിലയിലേക്ക് പോയി വെള്ളം വീണ്ടും ഉയർന്നു അവർക്ക് സാറുണ്ട് സാറിൻ്റെ വൈഫുണ്ട് സാറിൻ്റെ മാരിഡായ മകളുണ്ട് മകളുടെ ഹസ്ബൻഡുണ്ട് ഒരു ഗവൺമെൻറ് ഡോക്ടറാണ് അവരുടെ കുഞ്ഞുണ്ട് ഈ ഫാമിലി അവർക്ക് അവിടെ നിന്ന് രക്ഷപ്പെടാൻ പറ്റുന്നില്ല ഹെലികോപ്റ്റർ ഗവൺമെൻറ് ഡോക്ടർ ആയതുകൊണ്ട് ഗവൺമെൻറ് വരെ ഇവരെ രക്ഷിക്കാനായിട്ട് അവരൊക്കെ പറയുന്നു പക്ഷേ ബോട്ടുകൾക്ക് അവിടെ എത്താൻ പറ്റുന്നില്ല ഹെലികോപ്റ്റർ അവർ ഇതിനെക്കാട്ടിലും പ്രയോറിറ്റി കൊടുത്ത് മറ്റു സ്ഥലങ്ങളിലേക്ക് പോകുന്നു അവർ രണ്ട് മൂന്ന് ദിവസങ്ങൾ മുമ്പോട്ട് പോയി ഇന്നലെയോ മറ്റോ ആണ് രാവിലെ കൊല്ലത്തു നിന്നുള്ള ഒരു ഫിഷിംഗ് ബോട്ട് വന്ന് റിസ്ക് എടുത്ത് അവരെ അവിടുന്ന് രക്ഷിച്ചു അവരെ രക്ഷിച്ച് ആറാട്ടുപുഴയിൽ നിന്ന് ചെങ്ങന്നൂർ സെഞ്ചുറി ഹോസ്പിറ്റലിലെ മുമ്പ് വരെ ഈ ബോട്ടിൽ കൊണ്ടുവന്ന് അവിടെ ഇറക്കി എന്ന് പറഞ്ഞാൽ ആ സ്ഥലം മുഴുവൻ വെള്ളത്തിലാണ് വെള്ള അവിടെ കൊണ്ടുവന്ന് ഇറക്കി അപ്പോൾ ഞാൻ ഇന്നലെ അവിടെ അന്വേഷിച്ചപ്പോൾ അപ്പോൾ അവിടെ രക്ഷപ്പെട്ട സാറിൻ്റെ മകള് മകളും വളരെ ആക്റ്റീവായിട്ട് അവിടെ ചെങ്ങന്നൂർ ക്രിസ്ത്യൻ കോളേജിൽ ഇപ്പോൾ ഒരു ദുരിതാശ്വാസ ക്യാമ്പുണ്ട് ആ ക്യാമ്പിൽ മറ്റുള്ളവരെ സഹായിക്കുന്നു തങ്ങൾ കടന്നുപോയ ആ ജീവിതത്തിൻ്റെ അവസ്ഥ ജീവിതം എത്ര എത്ര നിസ്സാരമാണ് എത്ര ക്ഷണികമാണ് എന്നുള്ളൊരു ബോധ്യം നമ്മളിലേക്ക് കൊണ്ടുവരുവാനും നമ്മെ തന്നെ ദൈവം ഭാഗം താഴ്ത്തുവാനും സങ്കീർത്തനം ഇങ്ങനെ പറയുന്നുണ്ടല്ലോ നൂറ്റിമൂന്ന് നൂറ്റിമൂന്നിലെ വാക്യം യഹോവയുടെ അവൻ നമ്മുടെ അവൻ നമ്മുടെ പ്രകൃതി അറിയുന്നു നാം പൊടി എന്ന് അവൻ ഓർക്കുന്നു നാം പൊടി എന്ന് കറുത്ത അവ ഓർക്കുന്നുണ്ട് നാം പൊടി എന്ന് എപ്പോഴും ഓർത്തിരിക്കുന്നത് നല്ലതാണ് പലപ്പോഴും നാം അത് നാം ഓർക്കാറില്ല അപ്പോൾ പതിനഞ്ചാം വാക്യം മനുഷ്യൻ്റെ ആയുസ് പുല്ല് പോലെ ആകുന്നു പോലെ അവൻ പൂക്കുന്നു കാറ്റ് അതിന്മേലടിക്കുമ്പോൾ അതില്ലാതെ പോകുന്നു അതിൻ്റെ സ്ഥലം പിന്നെ അതിനെ അറിയുകയുമില്ല നമുക്ക് ആ ഒരു ബോധ്യത്തിൽ കർത്താവെ ഞാനും എൻ്റെ ജീവിതത്തിലേക്ക് ഞാൻ നോക്കുകയാണ് എവിടെയൊക്കെയാണ് കർത്താവെ ഞാൻ പ്രശംസിക്കുന്നത് എവിടെയൊക്കെയാണ് ഞാൻ എൻ്റെ കഴിവിൽ ആശ്രയിക്കുന്നത് എൻ്റെ പരിചയത്തിൽ ആശ്രയിക്കുന്നത് ഞാൻ എന്നെ തന്നെ താഴ്ത്തട്ടെ നമുക്ക് നമ്മേൽ തന്നെ ദൈവമും ബാകെ ആ രീതിയിൽ താഴ്ത്താം കർത്താവിൻ്റെ കരുണയില്ലാതെ കർത്താവിൻ്റെ ദയ ഇല്ലാതെ നമുക്കൊരു ഉച്ചുവട് പോലും മുമ്പോട്ട് വയ്ക്കാൻ പറ്റുകയില്ല കർത്താവിൻ്റെ കർത്താവിൽ ആശ്രയിക്കാതെ നമ്മുടെ തന്നെയുള്ള ഓട്ടം നമ്മുടെ തന്നെയുള്ള പരക്കം പാച്ചൽ നമ്മുടെ തന്നെയുള്ള നമുക്ക് നമുക്കൊരു സ്വസ്ഥതയിലേക്ക് വന്ന ദൈവത്തിനോട് പറയാൻ കർത്താവേ ഞാനിതാ എന്നെ തന്നെ എൻ്റെ അന്വേഷണങ്ങളെ എൻ്റെ ഓട്ടത്തെ എല്ലാം ഞാൻ അങ്ങയുടെ അടുക്കിലേക്ക് കൊണ്ടുവരുന്നു അങ്ങയുടെ മുഖം ഞാൻ അന്വേഷിക്കുന്നു കർത്താവെ അങ്ങ് എന്താണ് ആഗ്രഹിക്കുന്നത് എനിക്ക് അത് മതി ആ രീതിയിൽ മുമ്പോട്ട് പോകുവാൻ ദൈവം നമ്മെ ഓരോരുത്തരെയും സഹായിക്കട്ടെ അമീൻ